ഹിമാലയത്തിലൂടെ പോയിട്ടുണ്ടോ ഇല്ല ഒരിക്കലെങ്കിലും പോയിട്ടുണ്ടോ ഋഷികേശമൊക്കെ കിടന്ന് ഉത്തരകാശിയും കടന്ന് ഗംഗോത്രിയും കടന്ന് ഗോമുഖ് കിടന്ന് ഉയരത്തിൽ തപോവനത്തിലെത്തിയാൽ ഗോമുഖിലെത്തിയാൽ തന്നെ ഒരു ദർശനം കാണാം വളരെ രസകരമായൊരു ദർശനം ഗോമുഖൊക്കെ ഇപ്പോൾ കുറച്ച് ദൂരം മാറിയിട്ടുണ്ട് പഴയതീന്നൊരു പത്ത് പതിനഞ്ച് കിലോമീറ്ററെങ്കിലും മുകളിലോട്ട് കയറിയിട്ടുണ്ട് പോയാൽ ഒരു കാഴ്ച കാണാം ഇനിയിപ്പുറത്തുകൂടെ നേപ്പാളം വഴി ശിവശീർഷത്തിലേക്ക് എത്തിയാൽ അതിലും ഗംഭീരമായ ഗൗരി കുണ്ടും ഒക്കെ കണ്ടാൽ ഇതിലും മനോഹരമാണ് അപ്പോൾ എത്ര ഉയരങ്ങളിലേക്ക് നിങ്ങൾ പോകുന്നുവോ എത്ര മനോഹാരിതയുണ്ട് പഴയ പട്ടാളക്കാരുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പം ഭാഗ്യം കിട്ടിയിട്ടുണ്ടാവും ഞാനത് എടുത്തു പറഞ്ഞതെന്ന് വെച്ചാൽ ഈ സൗഭാഗ്യങ്ങൾ ആനന്ദിക്കുവാൻ അറിയാവുന്നവനാണെങ്കിൽ മാത്രമേ പോയിട്ട് കാര്യമുള്ളൂ ഇതിൻ്റെ അനുഗ്രഹം വാങ്ങിക്കാൻ പൈസയും കൊടുത്ത് പോകുന്നവൻ ചുറ്റും നോക്കുന്ന പ്രശ്നമില്ല അവിടെ ചെല്ലുമ്പോഴും രണ്ട് കമ്പിളി വാങ്ങിക്കാനും നാല് റൊട്ടി വാങ്ങിക്കാനും ഒക്കെ വഴക്കുണ്ടാക്കിയടക്കെ ആയിരിക്കും ചെയ്യുന്നത് നിങ്ങളിവിടുന്ന് ഒരു ഇടിയൻ യാത്ര ചെയ്തെങ്കിലും ആരെങ്കിലും വിളിച്ചു കൂട്ടുന്ന പരിപാടിയിൽ കുറച്ച് പൈസയും മുടക്കിയങ്ങ് പോയാൽ പോകുന്ന വഴിക്ക് നിങ്ങളുടെ നാട്ടിലുള്ള പരിദൂഷണവും കുശുമ്പോ ഒക്കെ പറഞ്ഞാൽ പോകുന്നത് അതിൻ്റെ ഈ കഥയൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത് അതിനിടയ്ക്ക് ഹിമവാനിയൊന്നും കാണാൻ സൗകര്യം കിട്ടില്ല ആ മൈ റൈറ്റ് ഇല്ല പോകുമ്പം നമ്മൾ ഈ കഥയൊക്കെ പറഞ്ഞു പോകുന്നതിനിടയിൽ ഒരു മിന്നായം പോലെ അത് നല്ല കാഴ്ചയാണ് ഇത് നല്ല കാഴ്ചയാണെന്ന് പറയുമെന്നല്ലാതെ അത് പാർഷ്യലായി കാണുകയാണ് അതിനെ സമഗ്രമായി കാണാൻ പോകുന്നത് ധ്യാനാത്മകമായൊരു മനസ്സോടെയാണ് അതിന് പോകാൻ തയ്യാറായി ഇറങ്ങുമ്പോൾ ഒറ്റയ്ക്ക് പോവുകയാണ് ഏറ്റവും നല്ലത് കൂടെ ഒരുത്തനുണ്ടെങ്കിൽ ശല്യമാണ് അവനതിൽ നിന്ന് തിളങ്ങുന്ന കല്ല് പെറുക്കാൻ പോകും അതിലൊരു പത്തെണ്ണം വീട്ടിൽ കൊണ്ടുവരാനാണ് വേറൊരുത്തൻ വെള്ളം പിടിക്കാൻ പോകും വേറൊരുത്തൻ ഇവിടെ എവിടെയാണ് റൊട്ടി കിട്ടുന്നതെന്ന് അന്വേഷിച്ച് മറ്റൊരു തൻ ഇതിൻ്റെ ഉച്ചിയിൽ കമ്പിളി കിട്ടുന്ന സ്ഥലാന്വേഷിച്ച് പോകും ഇതിൻ്റെ കൂട്ടത്തിലൊരു തൻ ചെടിയെപ്പറ്റി വലു അറിയാവുന്നവനുണ്ടെങ്കിൽ അവിടുത്തെ ചെടി പറിക്കാനായിട്ട് പോവും അതിൻ്റെ സമഗ്രതയിൽ കാണാൻ വേറൊരു വികാരം വേണം അത് ഹിലയർ ബെല്ലക്കിനുണ്ടാവും സോമർ സെറ്റ് മോമിനും ടി എച്ച് ലോറൻസിനും ഉണ്ടാവും ഇന്ത്യക്കാരനുണ്ടാകാൻ സാധ്യത നിന്ദിച്ചു പറഞ്ഞതല്ല കാരണം നമ്മളുടെ മെൻ്റൽ മേക്കപ്പ് ഇന്നത്തെ വിദ്യാഭ്യാസത്തിലതാണ് അവർ പറഞ്ഞത് ഐ ഹാവ് നെവർ അലൌഡ് മൈ സ്കൂളിംഗ് ടു എൻ്റർ ഇൻ മൈ എഡ്യൂക്കേഷൻ എന്നാണ് നമ്മളത് അനുവദിച്ചു പോയവരാണ് പദം മനസ്സിലായോന്നറിയില്ല അവൻ പറഞ്ഞ പദം ഐ ഹവ് നെവർ അലൌഡ് മൈ സ്കൂളിംഗ് ടു എൻ്റർ ഇൻ മൈ എഡ്യൂക്കേഷൻ ഇത് ആത്മാർത്ഥമായി പറയാൻ നമ്മളിൽ എത്ര പേർക്ക് കഴിയും എൻ്റെ സ്കൂളിങ്ങിനെ എൻ്റെ വിദ്യാഭ്യാസത്തിൽ പ്രവേശിക്കാൻ ഞാൻ ഒരിക്കലും അനുവദിച്ചിട്ടില്ല അങ്ങനെയാണോ നമ്മൾ നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് തന്നെ സ്കൂളിംഗാണ് അപ്പം അങ്ങനെ കൃത്യമായൊരു വഴിയിലൂടെയാണ് നമ്മൾ പോകുന്നത് ഒരു ഇടയൻ തെളിയിക്കുന്ന വഴിയിലൂടെ മാത്രം അപ്പോൾ നമ്മുടെ അറിവ് അങ്ങനെ ഉണ്ടാകുന്നതാണ് മറിച്ച് നിങ്ങളാ ഹിമാലയത്തിൻ്റെ ഉച്ചിയിലേക്ക് പോയാൽ ഈ ചിത്രം കാണാം ശിവനെന്ന ഒരു വ്യക്തിയുടെ ജഡയുടെ മുകളിലിരിക്കുന്ന ഒരു ചന്ദ്രക്കലയും ആ ജഡയിൽ നിന്ന് ആ ജടയുടെ മടക്കുകളെ തഴുകി തലോടി ഒഴുകി വരുന്ന ഒരു ഗംഗയും മുകളിൽ വലിയ കുളം അതിൽ നിന്ന് ഒഴുകി ഒലിച്ചു ഒരു ഗംഗ കണ്ടത്തില കാളകൂടം ഒഴുകി വരുന്ന ഗംഗ തൻ്റെ ആരംഭസ്ഥലത്തേക്ക് തിരിച്ചു പോകാൻ ശ്രമിച്ചു തിരിച്ചൊഴുകുന്ന രംഗം അവിടേക്ക് ഗംഗയെ അനുനയിപ്പിച്ച് തിരിച്ചുവിടുവാൻ മുകളിൽ നിന്ന് ആ ശിവൻ തന്നെ ഇറങ്ങി വന്ന് ഇവിടെ ഞാൻ നീ ഇവിടുന്ന് മുന്നോട്ട് തന്നെ പോവുക എന്ന് പറഞ്ഞ് വീണ്ടും തള്ളിവിടുന്ന രംഗങ്ങൾ അവയെ കാശി എന്ന് പറയും തൻ്റെ ആരംഭവാഹിയിലേക്ക് തിരിച്ചു മടങ്ങാൻ ഗംഗയാഗ്രഹിക്കുമ്പോൾ പരമപവിത്രയായ ഗംഗ പാപസഞ്ചയങ്ങളെയും വഹിച്ച് പരമ പവിത്രയായി നിന്ന് പുറപ്പെട്ട് വഴിയിലെ പാപഭാരവും പേറി ഒഴുകുമ്പോൾ ഗുപ്തകാശിയിൽ വെച്ച് തിരിച്ചു മടങ്ങാനൊരുങ്ങുമ്പോൾ ശിവൻ ഇറങ്ങി വന്ന് അമ്മയോട് പറയും പവിത്രേ പരമഭാഗിനിയായിട്ടുള്ളവളെ നീ മുന്നോട്ട് പോയാലും ഇവിടെ എൻ്റെ സ്ഥാനമുണ്ടാവും അനുനയിപ്പിച്ച് പറഞ്ഞു വിടുന്ന പതിദേവനെ നമസ്കരിച്ച് ഗംഗ വീണ്ടും മുന്നോട്ടൊഴുകുമ്പോൾ ഉത്തരകാശിയിൽ വെച്ചവൾ തിരിയും വീണ്ടും അവിടെയും ഇറങ്ങി വന്ന് ആ പതിദേവൻ അവളോട് പറയും ഞാൻ നിന്നോടൊപ്പമുണ്ട് നീ മുന്നോട്ട് പോയാലും നീ തിരിയണ്ട അത് ഉത്തരകാശി എന്നറിയപ്പെടും വീണ്ടും അവൾ മുന്നോട്ട് നീങ്ങി വാരുണിയുടെയും അസിയുടെയും ഇടയിലെത്തുമ്പോൾ അവൾ വീണ്ടും വടക്കോട്ട് തിരിയും ശിവശിഷ്ടത്തിലേക്ക് പോകാൻ വീണ്ടും സദാശിവൻ അവിടെ എത്തി അവൾക്ക് ദർശനം കൊടുത്ത് ഞാൻ ഇവിടെയുണ്ട് നീ മുന്നോട്ട് പോയാലും എന്നനു അനുനയിപ്പിച്ചു വിടും ഇങ്ങനെ ഒഴുകുന്നവളെന്ന് വിശ്വസിക്കപ്പെടുന്ന ഗംഗയുടെ ഓരോ ഘട്ടങ്ങളിലുമുള്ള കാശിയിൽ സദാശിവനെത്തി മുന്നോട്ട് വിടുമ്പോൾ ആ കുളം ആ തലക്കുളം തലയിലെ കുളം കവിഞ്ഞൊഴുകും ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ ഭഗവാന്റെ സുന്ദര രൂപം വിരാട് രൂപം വഹിക്കുന്ന പുരുഷ ശ്രേഷ്ഠൻ എൻ്റെ ബോധമാണെന്ന് എനിക്ക് കാണാം ആ കാഴ്ചയാണ് ഗംഭീരം ശിവൻ ശിവശിഷത്തിന് അലങ്കാരമായ ചന്ദ്രൻ ശിവശീർഷത്തിൽ നിന്ന് കവിഞ്ഞൊഴുകുന്ന ഗംഗ ആ സദാശിവരൂപം അതിനെ ചുമക്കുന്ന കുഞ്ചരം ഞാനാണ് എൻ്റെ ബോധമാണ് ഇത് മുഴുവൻ എവിടെയാണ് ഭാവിക്കുന്നത് ഇതെല്ലാം എവിടെയാണ് ഭാവിക്കുന്നത് എൻ്റെ ബോധത്തിലാണ് ആ ബോധത്തിനായിക്കൊണ്ട് ആ സദാശിവതത്വത്തിനായിക്കൊണ്ട് നമസ്കാരം ഭാവനയെങ്ങനെയാണ് ചിറകുവിടത്തുന്നതെന്ന് നിങ്ങൾക്കതിൻ്റെ രൂപം കിട്ടിയിട്ടില്ലെങ്കിൽ എൻ്റെ വ്യാഖ്യാനത്തിൻ്റെ അപര്യാപ്തതയായിരിക്കും ഗുരുദേവൻ്റെ പരിമിതി ആയിരിക്കില്ല കാരണം അത്ര ഗംഭീരമായത് വളരെ ഭംഗിയിലാണ് ഗുരുദേവൻ പറയുന്നത് വളരെ വളരെ ഭംഗിയിൽ എന്ന് പറഞ്ഞാൽ വളരെ ഭംഗിയിൽ എങ്ങനെയാണ് ആ സദാശിവൻ കളം കറുത്ത കൊണ്ട ഉണ്ട് ഇരുണ്ട കൊണ്ട കണ്ടഴും കളങ്കമുണ്ട കണ്ടനെങ്കിലും അതിൽ നിങ്ങളുടെ ആ പ്രിന്റിങ്ങിൽ കണങ്ക എന്നാണ് കളങ്ക എന്നാക്കിക്കോണം ലാന്ന് എന്ന് തിരുത്തിക്കോണം കളങ്കം ഉണ്ട് കണ്ടൻ എങ്കിലും കനിഞ്ഞുകൊള്ളുവാൻ ഇളം പിറ കൊഴുന്നിരുന്നു മിന്നും ഉന്നത തലക്കുളം കവിഞ്ഞ കോമളക്കുടം ചുമന്ന കുഞ്ചരം കുഞ്ചരം ആന ആ കോമളക്കുടം ചുമക്കുന്ന ആന വ്യാഖ്യാതാക്കന്മാരിൽ ചിലര് ഇത് സുബ്രഹ്മണ്യനാണെന്നൊക്കെ വ്യാഖ്യാനിക്കാറുണ്ട് പക്ഷെ ഇപ്പൊ ഇവിടെ നിന്ന് ചുമക്കുന്നത് ഞാനും ഇതാദ്യം ചുമന്ന് നമുക്ക് തന്നത് ഗുരുദേവൻ്റെ ബോധമാണ് അതുകൊണ്ട് ഇതിനെ സബ്ജക്റ്റീവായി പഠിക്കുന്നതാണ് കൂടുതൽ ഉചിതം ഓബ്ജക്റ്റീവായി പഠിക്കാതെ കാരണം ശിവൻ്റെ പുത്രനാണ് ആന സുബ്രഹ്മണ്യൻ സുബ്രഹ്മണ്യൻ്റെ പുറത്താണ് ശിവൻ ഏര് എന്നൊക്കെ സങ്കല്പിക്കുന്നത് ആ രീതിയിൽ ഉചിതമാണ് തെറ്റല്ല പക്ഷെ അതിനേക്കാൾ ഭാവന മനോഹരമാകുന്നത് ആ കറുത്ത കൊണ്ടൽ ഇരുണ്ട കൊണ്ട അതിനപ്പുറത്ത് ചന്ദ്രൻ അതിന് അപ്പുറത്ത് നിറഞ്ഞൊഴുകുന്ന ഗംഗ ഇതിനെ എല്ലാം വഹിക്കുന്ന ആ ശിവനെയും ചുമക്കുന്ന കാർമേഹം പോലെ ഇരുണ്ട കഴുത്ത് കറുത്ത ജട വർദ്ധമാനമായ കളങ്കം ഹാലാഹലം ഉള്ളിലാക്കിയവൻ കാരുണ്യത്തിൻ്റെ ഇരിപ്പിടമാണെന്ന് തെളിയിക്കാൻ ചന്ദ്രനെ ധരിക്കുന്നു ആ ചന്ദ്രകലാധരനായ ഭഗവാന്റെ ശിരസിൽ നിന്ന് ഗംഗയൊഴുകുന്നു അതിലൊരു പുരാണമുണ്ട് ഭഗീരഥന് വേണ്ടിയാണ് ഈ ഗംഗയെ സ്വീകരിച്ചത് ഗംഗ സാധാരണഗതിയിൽ വന്നാൽ ഭൂമി പോകും അതിന് പുരാണ കഥ ഗംഗയെ ശിവശീർഷത്തിലേക്ക് ആനയിക്കാൻ ശിവനെ ഭഗീരഥൻ തപസ് ചെയ്തു എന്നാണ് ഇപ്പോഴും കാണാം ആ തപസ്സൊക്കെ ഞങ്ങൾ ശരിക്ക് ഗംഗോത്രിയിലേക്ക് പോയാൽ ഗംഗോത്രിയിൽ അല്പനേരം ഏകാഗ്രമായ മനസ്സോടുകൂടി ആ ഗംഗോത്രിയിൽ ഗംഗയുടെ തീരത്തിരുന്നാൽ ആ ഭഗീരഥൻ്റെ ക്ഷേത്രമുണ്ട് അവിടെ ഇന്നും ആ തപസ് കാണാം പ്രകൃതി ആകെ ഏകീഭവിച്ചതുപോലെ സീസണിലല്ലാതെ പോകണം മനസ്സിലായില്ല പറഞ്ഞത് സീസണിൽ പോകരുത് വീട്ടുകാരറിയാതെ പോകണം തിരിച്ച് വരില്ല എന്ന് ഉറപ്പാക്കി പോകണം അങ്ങനെ പോകുന്ന പോക്കിനൊരു സുഖമുണ്ട് തിരിച്ചു വരാൻ പോകുന്നവൻ കൊണ്ടുപോകുന്ന വസ്തുവിൽ മമതയുണ്ടായിട്ടാണ് പോകുന്നത് പിടിയിട്ടില്ല ഇവിടുന്ന് കൊണ്ടുപോകുന്നത് ഏതാണ് ഇത് ഇതിന് താൽപ്പര്യമുള്ളത് ആ സീസൺ നോക്കി പോകുന്നത് പിടിയിട്ടില്ല അല്ലാതെ പോയാൽ ചിലപ്പോൾ തിരിച്ചു വരികല്ല അപ്പോൾ നല്ല സീസണൊക്കെ നോക്കി തണുപ്പ് അധികം ഇല്ലാത്ത കാലത്ത് കൂടെ ആളുകളെയൊക്കെ കൂട്ടി സുരക്ഷിതമായൊരു യാത്ര ചെയ്യുന്നത് ഭ്രാന്ത് വരില്ല എന്ന് ഉറപ്പുണ്ട് ഇത്തരം സ്ഥലങ്ങളിൽ ഒറ്റയ്ക്ക് എത്തിക്കഴിഞ്ഞാൽ വെറുതെ ഇപ്പം ഇവിടെ നിന്ന് ഭാവന തുടങ്ങും ഒരു കാടിൻ്റെ നടുക്ക് നിങ്ങൾ മാത്രമായി നിൽക്കുന്നു എന്നൊന്ന് ഭാവന ചെയ്താൽ വെറുതെ ഭാവന ചെയ്താൽ മതി ഹിംസ്രജന്തുക്കളൊക്കെ ഉള്ളൊരു കാട്ടിൽ ഏകാഗിയായി നിങ്ങൾ നിൽക്കുന്നു എന്ന് സങ്കൽപ്പിച്ചാൽ നിങ്ങളുടെ പൂർവ്വജന്മ വൃത്താന്തം മുഴുവൻ നിങ്ങളുടെ കോശങ്ങളിലേക്ക് ഭയമായി ആവാഹിച്ചു വരുമ്പോൾ നിങ്ങൾ എതിർത്തതും നിങ്ങൾ വിഷമിപ്പിച്ചതും നിങ്ങൾ ഹിംസിച്ചതുമായ സകല ജീവികളും ഒരുമിച്ചൊരു ഹിംസ്രജന്തുവായി നിങ്ങളുടെ മുന്നിൽ എത്തിപ്പെട്ടിരിക്കുന്നു എന്ന് ഒരുമിച്ചൊരു മലയിടിച്ചിലായി നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നു എന്ന് ഒരുമിച്ചൊരു പാറയായി വരുന്നു എന്ന് തോന്നുന്ന നിമിഷത്തിലുണ്ടാകുന്നൊരു താപം കാനു ഇമാജിൻ ു ഇമാജിൻ അച്ഛനെ ചീത്ത വിളിച്ച അമ്മയെ ചീത്ത വിളിച്ച അയൽവക്കങ്കാരനെ അടിച്ച ഭാര്യയെ ഇറക്കി നിർത്തിയ മക്കൾക്ക് വെള്ളം കൊടുക്കാത്ത പശുവിനെ തല്ലിയ എലിയെ കൊന്ന സകല ജീവജാലങ്ങളോടും ഹിംസാപൂർവം പെരുമാറിക്കഴിഞ്ഞ ഞാൻ ആ ചെരിവിൽ ഒരിടത്ത് നിൽക്കുമ്പോൾ ഒരു പാറ ഇടിഞ്ഞിങ്ങ് വരുന്നത് കണ്ടാൽ എൻ്റെ കോശങ്ങളിൽ ഇതുവരെ ഞാൻ അവയെ ഉപദ്രവിച്ച ബോധമെല്ലാം ഏകത്ര കൂടിച്ചേർന്ന് അവയെല്ലാം കൂടി ഒരു പാറയായി എൻ്റെ നേരെ വരുന്നുവോ എന്ന് അതെന്നെയും കൊണ്ടേ പോകുള്ളൂ എന്ന് തോന്നുന്ന ഒരു നിമിഷത്തിൽ എനിക്കുണ്ടാകുന്ന ഉൾത്താപം യു കണ്ട് ഇമാജിൻ ഭാവനയില്ല അതുണ്ടാകാതിരിക്കാനാണ് നമ്മൾ ഈ ആളെയൊക്കെ കൂട്ടി പോകുന്നത് ഇത് തിരിച്ചു പോരാൻ ചിലര് ഈ പാപം മുഴുവൻ തീരാനുള്ള ഒരു പോക്കങ്ങ് പോവും അവന് ചമൽക്കാരങ്ങളുണ്ടാവും ചമൽക്കാരം എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമോയെന്നറിയില്ല വിഭൂതികൾ ഉണ്ടാവും ഗംഗയുടെയും യമുനയുടെയും ഗണ്ഡകിയുടെയും നർമ്മദൊക്കെ തീരഭൂവിലൂടെ പരിക്രമണം ചെയ്ത് സഞ്ചരിക്കുമ്പോൾ വിജനമായ പ്രദേശങ്ങളിൽ വെച്ച് അവനൊരിക്കലെങ്കിലും അവൻ്റെ സ്വത്വത്തെ കണ്ടറിയും തിരിച്ചു വരുമെന്ന് ഉറപ്പില്ലാത്ത പൂർവപാപങ്ങളുടെ മേതുരദീർഘങ്ങളായ രംഗവേദികളെ സദാഭയത്തോടുകൂടി ദർശിക്കുന്ന ഒരു നിമിഷാർത്ഥത്തെ ഭയം കൊണ്ട് സമസ്ത പാപങ്ങളും കഴുകിക്കളയുന്ന നമ്മളല്പം ഭയുന്നു കൂട്ടുകാരുണ്ട് അച്ഛനമ്മമാരുണ്ട് സുഹൃത്തുക്കളുണ്ട് ആചാര്യവര്യന്മാരുണ്ട് ഗ്രന്ഥ പോക്കറ്റിലെ ധനമുണ്ട് ഈ അവസ്ഥയൊക്കെ തരണം ചെയ്യാൻ എന്നൊരു തൻ്റെ ഇന്നലെ ചെയ്തു കൂട്ടിയ പാപത്തിന് ഇന്ന് വരുന്ന കാലുടിയലോ കയ്യൊടിയലോ ഒക്കെ അപ്പുറത്ത് ഡോക്ടർമാരുണ്ട് അവരെ കൊണ്ടത് പരിഹരിപ്പിക്കാം അതിനല്ലേ അവരെ പഠിപ്പിച്ച് നമ്മൾ നിർത്തിയിരിക്കുന്നത് അങ്ങോട്ടും എല്ലുക ശരിയാക്കുക പോരുക ഇന്നലെ അവനോടും അവനോടും ഏറ്റുമുട്ടിയതിന് അവൻ നാളെ രാത്രിയിൽ വന്നാൽ അടിക്കാൻ നല്ല ബലിഷ്ഠരായ മക്കൾ രണ്ടും എണ്ണം ഉണ്ട് ഇങ്ങനെ എല്ലാത്തിനും കരുതൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ലോകം റൈറ്റ് ശരിയല്ല ഈ കരുതലെല്ലാം ഒഴിഞ്ഞു പോകുന്ന ഒരു സമയമുണ്ട് അത് ഏകാന്തതയില്ല അതുകൊണ്ടാണ് അവർ വനം ഗതാഹ അതുകൊണ്ടാണ് വനത്തിലേക്ക് പോയത് നമ്മൾ പോയ പോലെയല്ല പോയെ ഭാര്യയും പിള്ളേരും ഒന്നും അറിയാതാണ് ശിഷ്യന്മാരാരും അറിയാതാ പോയത് നാരായണഗുരു ഒക്കെ അങ്ങനെ പോയവരാണ് ആ ഗുഹയൊക്കെ പോയാലും കാണാം അതിലുള്ളതൊക്കെ വലിച്ചെറിഞ്ഞാൽ ഒരു ദിവസം പോയി അവിടുന്ന് തിരിച്ചു വരുമ്പോൾ ചമൽക്കാരവുമായ വരുന്നത് പോയയാളല്ല തിരിച്ചു വരുന്നത് ഇപ്പോൾ വനത്തിൽ അങ്ങനെ പെടുമ്പോൾ ആ ശിവശീർഷമാകെ തപസാർന്ന് നിൽക്കുന്ന ഒരു കാഴ്ചയുണ്ട് അത് കാണാൻ ഒരിക്കൽ അസുഖ കഴിഞ്ഞ് ഉടനെ പോയേക്കരുതേ പിള്ളേർ എന്നെ അന്വേഷിച്ചു വരും സ്വാമി ഒറ്റയാള് കാരണമാ ഓരസും ഇല്ല എൻ്റെ അച്ഛൻ പോയി എൻ്റെ അമ്മ പോയി ഇപ്പൊ തരണം എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ളതിനെ ഉണ്ടാക്കി കൊടുക്കാൻ വല്യ പാടാണ് അതുകൊണ്ട് പെട്ടെന്ന് ചാടി പോരുത് പക്ഷെ ഈ പോയാൽ മാത്രമേ ഈ ദർശനം കിട്ടൂ കൂടെ ആരുമില്ലാതെ അത്യന്തം ഏകാഗിയായി ആ ശിവശീർഷത്തിൻ്റെ താഴെ എവിടെയെങ്കിലും നിൽക്കുമ്പോൾ തക്കൽകോട്ടിലോ ഗൗരീഗുണ്ടിലോ ഒക്കെ മോളിലേക്ക് പോയി അവിടെ എവിടെയെങ്കിലും നിൽക്കുമ്പോൾ വേണ്ട നിങ്ങൾ ഞാൻ മുമ്പ് പറഞ്ഞ പട്ടാളക്കാർ േയിലോ ലഡാക്കിലോ സർച്ചുവിലോ ഒക്കെ നിൽക്കുമ്പോൾ പോയിട്ടുണ്ടാവും സർച്ചു ഒക്കെ ഇരുപത്തിനാലായിരം അടി വരെയാണ് ലേ ഒരു ഇരുപതിനായിരവും ലഡാക്കൊരു ഇരുപത്തിരണ്ടായിരവും സീസൺ അല്ലാത്തൊരു സമയത്ത് മഞ്ഞ് മൂടിക്കിടക്കുമ്പോൾ ചിലപ്പോൾ ഒരു മഞ്ഞ് വന്നാൽ വല്ല പാറയുടെ അടിയിൽ എവിടെയെങ്കിലും ഒരു ഇട കിട്ടിയെങ്കിൽ കുറച്ചുനേരം കിടന്ന് മഞ്ഞുരുകിപ്പോയാൽ എഴുന്നേറ്റ് പോരാം ഇല്ലെങ്കിൽ അവിടെ കിടക്കാം ഹെർമിറ്റേജിൽ നിത്യസമാധിയായി ഒന്നും അറിയാതെ ഒരു വേദനയും ഇല്ലാതെ അങ്ങനെ ഉള്ളിടത്തൊക്കെ ഏകാന്തതയിൽ ഒരാൾ സഹായിക്കാനുണ്ടേൽ നമ്മുടെ സ്വഭാവം മാറും ഒരാൾ രൂപം കണ്ടാൽ നമ്മൾ സദാശിവനെ മറന്നു പോവും ഈ മഞ്ഞിങ് വന്ന് വീഴുമ്പോൾ അങ്ങേപ്പുറത്തൊരു മനുഷ്യൻ്റെ രൂപം കണ്ടാൽ ഭയവിഹ്വലനായ നമ്മൾ ഓടാൻ തുടങ്ങും ആരുമില്ല കയ്യിൽ വെള്ളമില്ല ആഹാരമില്ല എങ്ങോട്ട് യാത്ര ചെയ്യണമെന്ന് എന്ന രീതിയിൽ ഒരിടത്തെത്തിയാൽ നമ്മൾ ഒറ്റ ഒരാളെ വിളിക്കുകയുള്ളൂ അത് ആദ്യം നമ്മൾ നമ്മുടെ ഭാരമെല്ലാം എടുത്തെറിയും കാരണം എങ്ങനെയെങ്കിലും ഓടിയെത്താമെന്നോർത്ത് മോളിൽ നിന്ന് താഴേക്ക് എങ്ങനെയെങ്കിലും എത്താമെന്നോർത്ത് ഈ കയ്യിലുള്ളതും കൂടെ ചുമന്നുകൊണ്ട് പറ്റിയല്ല കാരണം ഈ കഴിക്കാൻ കൊണ്ടുപോയ സാധനമൊക്കെ ഉണ്ടാവും ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ ബുദ്ധി നമ്മളോട് പറയുക ഇതും ചുമന്ന് നീ നടന്ന് ഒരിക്കലും എത്തുകയല്ല ഇതം കളാന്നാ പറയുക അതാദ്യം കളയും കളഞ്ഞു കഴിഞ്ഞോർക്കും ഇപ്പോൾ അതുമില്ല കഴിക്കാനൊരു റൊട്ടി പോലും കയ്യിലില്ല ആ താപത്തിൽ വച്ച് അവനൊരു സത്യമറിയും ഈ ശിവശീർഷവും അതിനലങ്കാരമായ ഗംഗയുമെല്ലാം ഞാനാണ് ചുമന്നു നിൽക്കുന്നത് അത് ഭാവനയിൽ കണ്ടിങ് കേരളത്തിലിരുന്ന് ഒരു ഗുരു ഒരു ദർശനം രചിക്കുമ്പോൾ അതൊന്ന് കണ്ട് ആസ്വദിക്കാൻ ഈ ദിനം പറ്റിയാൽ അതീവ സുന്ദരമാണ് അത് നിങ്ങളുടെ മനസ്സിനെ മാറ്റിമറിക്കാതിരിക്കില്ല കാശു മുടക്കി ശിവശീർഷത്തിലെത്തി ശിവശീർഷത്തിന് അലങ്കാരമായ വിൺഗംഗയും ചുറ്റുപാടുകളും കണ്ട് അത് ഞാൻ കാണുന്നു എന്ന് ചിന്തിക്കുന്നതിന് പകരം അത് ഞാൻ ചുമന്നിരിക്കുന്നു എന്ന് ചിന്തിക്കുന്നതിലേക്ക് അത് കിട്ടിയാൽ ഗംഭീരം വഹിക്കുന്ന ആ പുരുഷ ശ്രേഷ്ഠൻ എൻ്റെ ബോധമാണെന്ന് കഴുത്ത കാർമേഹം പോലെ ഇരുണ്ട ജടയും ഇരുണ്ട കഴുത്തും വർധമാനമായ കലങ്കമുള്ളിലാക്കിയ ഹലാഹലം ഉള്ളിലാക്കിയവനെങ്കിലും കാരുണ്യത്തിന് ഇരിപ്പിടമാണെന്ന് തെളിയിക്കുവാൻ ചന്ദ്രകലാധരനായ ഭഗവാന്റെ ശിരസിൽ നിന്നൊഴുകുന്ന ഗംഗയും കാരുണ്യം കൊണ്ടാണ് ഗംഗ ഒഴുകിയത് അത് നിറഞ്ഞു കഴിഞ്ഞ് കവിഞ്ഞൊഴുകുകയാണ് ആകെക്കൂടെ നോക്കിയാൽ ഇതിനെ എല്ലാം വഹിക്കുന്നവനാണ് അവിടുന്ന് എന്ന് തഥാകാരത്തിലും ആ ബോധത്തെയും വഹിക്കുന്നവനാണ് എൻ്റെ ബോധമെന്ന് ഇതാകാരത്തിലും അതാണ് ഇതിൻ്റെ അനുഭൂതി ശ്ലോകം മൂന്ന് അരംതിളച്ചു കൊങ്ങും ആടല അഴി നീന്തി എറി അക്കര കടന്നു കണ്ട ബോധ അഴിഞ്ഞൊഴിഞ്ഞ് നിന്ന നീ ചുരന്നു ചൂഴവും ചൊരിഞ്ഞിടുന്ന സൂക്തി കണ്ടുകണ്ട് ഇരന്നു നിന്നിടുന്നിതൻ മുടിക്കു ചൂടുമീശ്വനെ അരംതിളച്ചു പൊങ്ങും ആടലാഴി നീന്തി ഏറി അക്കര കടന്ന കണ്ട പോതൊഴിഞ്ഞൊഴിഞ്ഞു നിന്ന നീ ചുരന്നു ചൂഴവും ചൊരിഞ്ഞിടുന്ന സൂക്തി കണ്ടുകണ്ട് ഇരന്നു നിന്നിടുന്നിതൻ മുടിക്കു ചൂടും ഈശ്വനെ അരം തിളച്ചു പൊങ്ങും നീന്തി एरी अर अग्नि अर अग्निवस्थ नष्टवस्थ शक्ति बोधम बोध नष्टव എപ്പോഴാണ് ബോധം നഷ്ടപ്പെടുന്നത് ബോധം നഷ്ടപ്പെടുന്നത് ഏത് സമയത്താണ് ധ്യായതോ വിഷയാൻ പുംസഹ ഏതെങ്കിലും വിഷയത്തെ ഒരുത്തൻ ധ്യാനിച്ചാൽ അവനില്ലാതായി വിഷയധ്യാനം കൊണ്ടാണ് ബോധം നഷ്ടപ്പെടുന്നത് രസമന്ത്രണമെന്നു വെച്ചാൽ മനുഷ്യൻ വിഷയത്തെ ധ്യാനിക്കുന്നതോടെ വിഷയം വിഷയമല്ലാതായി ധ്യാനിക്കുന്നവൻ ധ്യാനിക്കുന്നവനും അല്ലാതായി ഇങ്ങനെ രണ്ടും കെട്ട അവസ്ഥയിലാണ് ദൃശ്യ തലങ്ങളെല്ലാം എല്ലാ ദൃശ്യതലവും ഇതാണെന്നാണ് ആചാര്യന്മാരുടെ അഭിപ്രായം അത് വിപുലപ്പെടുത്തിയാൽ ഞാനും നിങ്ങൾ സങ്കടത്തിലാവും നമ്മുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യകളെല്ലാം ദ സ്റ്റഡി ഓഫ് ദ വിസിബിൾസ് ഇൻ ടേംസ് ഓഫ് ദ കാൽക്കുലബിൾസ് ആണ് അങ്ങനെ അല്ലാതെ ഒരു ശാസ്ത്രം നിലനിൽക്കുന്നില്ല ശാസ്ത്രം എന്ന് നമ്മൾ പറയുന്ന ഭൗതിക ശാസ്ത്രമാകെ the study of the visibles in terms of the calculables. ചുരുക്കി നിർവഹിച്ചാൽ വിസിബിൾ എന്നതിന് അസ്തിത്വം നൽകുകയും അതിൽ ധ്യാനിക്കുകയും ചെയ്ത കണ്ടെത്തലുണ്ടാകുന്നത് അതിനെ ധ്യാനിച്ചാൽ സംഘം ഉണ്ടാവും സംഘം കാമമാകും കാമം ക്രോധമാവും ക്രോധം സമ്മോഹമാകും സമ്മോഹം സ്മൃതിവിഭ്രമമാകും സ്മൃതിഭ്രംശം ുദ്ധിനാശമാവും ബുദ്ധിനാശം സർവനാശവുമാവും ഇതാണ് പ്രാചീനരുടെ മതം അങ്ങനെ അരം തിളച്ചു പൊങ്ങും ഇങ്ങനെ ധ്യാനിച്ചിട്ട് രാഗദ്വേഷങ്ങൾ തിളച്ചു പൊങ്ങുന്ന എപ്പോഴെല്ലാം ഞാനെന്ന ബോധം നഷ്ടപ്പെട്ട് വിഷയബോധം വരുന്നു അപ്പോഴൊക്കെ രാഗം അല്ലെങ്കിൽ ദ്വേഷം അതിൻ്റെ പണിയാണ് ഇന്നുവരെ എൻ്റെ ഇഷ്ടം ചേരാത്ത ഏതിലെങ്കിലും എനിക്ക് രാഗമോ ദ്വേഷമോ ഉണ്ടായിട്ടുണ്ടോയെന്ന് നോക്കിയാൽ മതി ഞാൻ ചേരാത്ത ഒരു വസ്തുവിനോട് പോലും എനിക്ക് രാഗവും ഇല്ല ദ്വേഷവും ഇത് ഞാൻ എടുത്തോട്ടെ എന്ന് എനിക്ക് ജേതമില്ലാത്ത ഒരു സാധനം ആരെങ്കിലും ഒന്ന് ചോദിച്ചാൽ ഞാൻ എന്താ പറയുക എനിക്ക് ജേതമില്ലാത്ത ഒരു സാധനം നിങ്ങളൊന്ന് എടുക്കുകയാണ് ഞാൻ എന്താ പറയുക എൻ്റെ അല്ല കേട്ടോ എടുക്കുന്നതിന് ഒരു വിരോധം എനിക്കില്ല ഞാൻ കോപിക്കില്ല എനിക്ക് മമതയുള്ളൊരു വസ്തുവായി എടുക്കുന്നതെങ്കിലോ അതുമായിട്ട് എന്നെ ബന്ധിച്ച വസ്തുവാണ് ഞാൻ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭക്തനോ ഭരണാധികാരിയോ ബന്ധുവോ ആയിരിക്കുന്ന സമയത്ത് ഒരുത്തനാ മുറ്റത്തുനിന്ന് ഒരു സാധനം എടുക്കുകയാണ് എങ്കിൽ സമ്മതിക്കുമോ ഇല്ല അതിനോട് ദ്വേഷമുള്ളൊരവസ്ഥയിലാണെങ്കിൽ പിടിച്ചു കൊടുക്കുമോ അതിനോട് ദ്വേഷം വന്ന ഒരവസ്ഥയിലാണ് ഇവൻ എടുക്കാൻ തുടങ്ങുമ്പോൾ ഒറ്റയ്ക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല ഒന്ന് താങ്ങിത്തരാമോ എന്ന് ചോദിച്ചാൽ ഞാൻ പിടിച്ച് തലേ വെച്ച് ഉറപ്പായിട്ട് കൊടുക്കും ഉറപ്പായിട്ട് പിടിച്ചു കൊടുക്കും മറ്റവർ കാണരുതെന്ന് മാത്രമേ ഉള്ളൂ കൊണ്ടുപോക്കൂ വേഗം കൊണ്ടുപോക്കൂ പുറകെ ആൾ വരുന്നതിന് ഇപ്പോൾ സ്ഥലം വിട്ടോ ഞാനാ പിടിച്ചു തന്നതെന്ന് ആരോടും പറയരുത് കേട്ടോ ഇത് ഞാനാണ് എടുത്തു തന്നതെന്ന് ആരോടും പറയണ്ട വേണമെങ്കിൽ പറയുകയും ചെയ്യും ഞാനുണ്ടായിരുന്ന കാലത്ത് ഇതൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പിന്നെ പറയുകയും ചെയ്യും ലപ്പ് എരിക്കും നോക്ക് കൊള്ളുകയല്ലാത്തവന്മാരാണ് അതുകൊണ്ടാണ് ആ സാധനമൊക്കെ പെരുകൊണ്ട് പോയതെന്ന് കൂടെ പറയും നിങ്ങളും അമ്മയും ഒക്കെ ഈ പരിവാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു മകനെ പ്രിയം കൊണ്ടെല്ലാം കൊടുത്തു പിന്നീട് അവൻ നിങ്ങളുടെ പ്രിയത്തിന് നിന്നില്ല അവൻ ഇല്ലാത്ത സമയത്ത് മറ്റൊൻ വന്നാൽ കൊണ്ടുപോക്കൂ ഇത് കൊണ്ടുപോക്കൂടെ എടാ അവൻ കാണരുത് എന്നെ നാളെ ഇവിടെ നിന്ന് ഇറക്കി വിടും ഞാനിവിടെ ഇരിക്കുന്നിടത്തോളം കാലം ഇങ്ങനെ ചിലതൊക്കെ പൊറുക്കിത്തരാം ഏ ശരിയല്ല കുറഞ്ഞ പക്ഷം നിങ്ങളങ്ങനെ കൊടുക്കുകയില്ല എന്ന് പറഞ്ഞാലും മേടിച്ചവർ ചിലരെങ്കിലും ഇടയ്ക്കിരിപ്പുണ്ട് അപ്പം ഇതുണ്ടാവും അപ്പം രാഗവും ദ്വേഷവും പ്രിയത്തിലുള്ളതാണ് ആ രാഗവും ദ്വേഷവും തിളച്ചു രാഗദ്വേഷങ്ങൾ കൊണ്ടുണ്ടാകുന്ന അരം നാശം മറ്റൊരർത്ഥം അരത്തിന് നാശം കടുത്ത നാശം സർവനാശം ഏത് രാഗവും ദ്വേഷത്തെ ആനയിക്കുന്നതും നശിപ്പിക്കുന്നതുമാണ് അതുകൊണ്ട് രാഗമുണ്ടായാൽ സർവനാശം നിശ്ചയമാണ് അതുകൊണ്ട് പഴയ ആളുകൾ പ്രാർത്ഥിക്കുക ഭഗവാനെ എനിക്ക് രാഗമുണ്ടാകരുത് എന്നാണ് ദ്വേഷം ഉണ്ടാകരുതെന്നല്ല പ്രാർത്ഥിക്കുക ദ്വേഷം എന്ന് പറഞ്ഞൊരു സാധനമില്ല അത് രാഗത്തിന്റെ ഉപോത്പന്നമാണ് വിശ്വേഷ വിശ്വാത്മൻ വിശ്വമൂർത്തേ സ്നേഹപാശമിമം ചിന്തി ദൃഢ വിഷ്ണുഷു പാണ്ഡുഷു ഒരു പെണ്ണും പിള്ള പ്രാർത്ഥിക്കുന്ന പരിചയപ്പെട്ടിട്ടുണ്ടോ ഇവിടെ ഭാഗവതത്തില് ഭഗവാനോട് കുന്തി പ്രാർത്ഥിക്കുന്നവനെ വിശ്വത്തിന് ആത്മാവായവനെ വിശ്വാത്മൻ വിശ്വമൂർത്തേ വിശ്വമൂർത്തീകരിച്ചവനെ സ്നേഹപാശമിമം ചിന്തി ദൃഢ വിഷ്ണുഷു പണ്ടുഷു എന്നാണ് ചൊല്ലുന്നത്